അള്ളാഹു സുബഹാനഹുവറ്റായാല തനിക്ക് രാജാധികാരം നൽകിയതിനാൽ തൻറെ രക്ഷിതാവിനെക്കുറിച്ച് ഇബ്രാഹിം അലഹിസ്ലാമുമായി തർക്കിച്ചവനെ നീ കണ്ടില്ലേ ഇബ്രാഹിം അലിഹിസ്ലാം പറഞ്ഞു ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എൻറെ രക്ഷിതാവ് അവൻ പറഞ്ഞു ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു ഇബ്രാഹിം അലഹിസ്ലാം പറഞ്ഞു തീർച്ചയായും അള്ളാഹുസുബഹാനുഹുവറ്റായാല സൂര്യനെ കിഴക്കുനിന്നാണ് ഉദിപ്പിക്കുന്നത് അതിനാൽ നീ അതിനെ പടിഞ്ഞാറ് നിന്നുതിപ്പിക്കുക അപ്പോൾ സത്യനിഷേധിയായവൻ സ്തംഭിച്ചുപോയി അക്രമികളായ ജനതയെ അള്ളാഹു സുബാനഹൂവത്ത ആല നേർവഴിയിലാക്കുകയില്ല